സൂര്യനെ പ്രകാശമായും ചന്ദ്രനെ വെളിച്ചമായും മാറ്റിയവനും വർഷങ്ങളുടെ എണ്ണവും കണക്കും നിങ്ങളറിയുന്നതിനായി അതിന് നിശ്ചിത സ്ഥാനങ്ങൾ നിശ്ചയിച്ചവനും അവനാകുന്നു സത്യമായ കാര്യത്തിലല്ലാതെ അള്ളാഹു സുബഹാനഹൂവ ചായ അത് സൃഷ്ടിച്ചിട്ടില്ല അറിവുള്ള ഒരു ജനവിഭാഗത്തിനായി അവൻ ദൃഷ്ടാന്തങ്ങൾ വിശദീകരിച്ചു